സൂക്ഷ്മത പാലിച്ചവരോട് ചോദിക്കപ്പെടും നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ഇറക്കിയത് അവർ പറയും നന്മ ഈ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് സൽഫലമുണ്ട് പരലോകത്തെ വീടാണ് ഏറ്റവും ഉത്തമം സൂക്ഷ്മത പാലിക്കുന്നവർക്ക് എത്ര നല്ല താവളമാണത്